ശ്രീ <laughs> ശ്രീമുഖീസ് <laughs> <laughs> <laughs> <laughs> <laughs> ഓം തിരുനാരായണായ നമഹ ഓം ശ്രീ ശ്രീ പരബ്രഹ്മായ നമഃ ശ്രീ ശ്രീ പര നമഃ ആഹേം മകുന് മർത്തി ശരീരം ആത്മ മർത്തിന തടസ്സ അമൃത ശരീരം ആത്തോ സശീരഹ പ്രിയ പ്രിയാഭ്യാം നഹ വൈ സശീര സശരീരസ്യ സദാ പ്രിയാപ്രിയ രഭദൃഷ്ടി ശശീരമവസന്തം നഹ പ്രിയാപ്രിയസ്പ്രസദഹ അകമൻ മർത്യം ഇദം ശരീരം ആകം ഈ ശരീരം നശിക്കുന്ന הנו മർത്യനാ ന്ദ്രതു പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ശരീരം നശിക്കും തദസ് അമൃതീര മനോധിഷ്ഠാനം ഈ അമൃതമായ അശരീരമായ ആത്മാവ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ആത്മാവിന്റെ ഉപലബ്ധിക്കുള്ള ആധാരമാണ് ശരീരം ആ ശരീരത്തോടു കൂടിയാണ് സശരീര ആത്മാവ് സശരീരനായിരിക്കുന്നത് അങ്ങനെയുള്ള ആത്മാവ് പ്രിയ പ്രിയാഭ്യാം സ ശരീര ഈ ശരീരം ഉള്ളതുകൊണ്ടാണത് പ്രിയും അപ്രിയുമറിയുന്നത് സദാ പ്രിയ പ്രിയ അശരീരം വസന്തം ശരിക്കും ഇതാ ശരീരമാണ് ആത്മാവ് അതുകൊണ്ട് തന്നെ പ്രിയപ്രിയ സ്പൃശ്യത ഇതിന് പ്രിയപ്രിയങ്ങളുമായി ബന്ധമില്ല ഇതാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ശരീരത്തിന് പ്രിയാപ്രിയങ്ങളുമായി ബന്ധമില്ല ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പ്രിയാപ്രിയങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ സുഖദുഃഖങ്ങള് അനുകൂല പ്രതികൂലങ്ങളെ സുതൃത്വങ്ങളെ അനുഭവിക്കുന്നു അത് എങ്ങനെ ബന്ധമില്ല എന്ന് പറയുന്നത് അതിന് പറഞ്ഞ് സർവാത്മഭാവത്തെ ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ അന്യമില്ല സർവാത്മഭാവമാണ് അവിടെ അന്യമായ ഒന്നുമില്ലെങ്കിൽ പ്രിയാപ്രിയങ്ങൾ തന്നോട് ആത്മാവെച്ചത്താണ് തന്നോട് പ്രിയപ്രിയങ്ങൾക്ക് ബന്ധമുണ്ടാകത്തില്ല അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷെ അതിനുവേണ്ടി ഇവിടെ ആദ്യം ചാന്നാവിനെ പറഞ്ഞു പിന്നെ ബുദ്ധശരാ ദിഷ്ടാന്തം വെള്ളത്തിൽ കാണുന്നു അതിനു നോക്കാൻ പറഞ്ഞു ആദ്യം അക്ഷപുരുഷ ദൃഷ്ടാന്തം പറഞ്ഞു പിന്നീട് പൊതുശലാവധിഷ്ഠെന്ന് പറഞ്ഞു പിന്നെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ സുഷത്തെ കുറിച്ച് പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റിയെന്നാണ് പറയുന്ന അനുസമാനം അത് ഇവിടെ ഇതെല്ലാം വേറെ വേറെയാണ് പിന്നെ സൂക്ഷ്മത്തിലേക്ക് അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞെന്ന് പറയുന്നത് ചെയ്യുക പക്ഷെ ഇത് വേറെ വേറെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തു പറഞ്ഞത് സത്യം വിരമണീയാതാവതിയും വ്യാഖ്യാസൃതം നത്വസ്യ ഗ്രന്ഥസേവും ഭൗതി കഥം അക്ഷണി പുരുഷോ ദൃശ്യത ഉപന്യസ്യ ശിക്ഷാഭ്യാം ഛായാത്മനഗ്രഹീത വിപരീതഗ്രഹണമത് ായ ഉദശര ഉപന്യാസ കിംബ്യത ചെന്ന സലങ്കർ ഉപദേശ ഒന്ന് തന്നെയാണ് പലതല്ല ജാഗരത്തില് അക്ഷപുരുഷനായിരിക്കുന്നതും തന്നെയാണ് അവരുടെ ബുധശരാ അതിന് ദുഷ്ടാവായിരിക്കുന്നതും അവൻ തന്നെയാണ് സ്വപ്നസ്ഥൻ അവൻ തന്നെയാണ് സുഷുപ്തി പക്ഷെ ഇത് നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ രണ്ടുപേരും ഇന്ദ്രനും വിരോചനും ആദ്യം ഛായാത്മനിഗ്രഹീത ഉപദേശിക്കുന്നത് ആ പ്രതിബിംബത്തെയാണെന്ന് ധരിച്ചു അത് ശരിയല്ല അത് വിപരീത ബുദ്ധിയാണ് എന്താണ് ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ നോക്കാൻ പറഞ്ഞാൽ വെള്ളത്തിൽ നോക്കിയാൽ കാണുന്നത് ആത്മാവെന്ന് ധരിക്കും പക്ഷെ അത് വിപരീത ഗ്രഹണമാണെന്ന് അറിഞ്ഞിട്ട് തത്തപ്പന്ന ജായ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബുദ്ധശരാവ് ഉപന്യാസ ജലത്തിൽ നോക്കാൻ പറഞ്ഞു ആദ്യം അക്ഷിപുരുഷന പറഞ്ഞു അതിൽ വന്നു അപ്പോ ബുദ്ധശരാവത്തെ പറഞ്ഞു അങ്ങനെ ഓരോന്നില്ല കിംപശ്യത എന്താണ് ഇനി കാണുന്നതെന്ന് ചോദിച്ചു അതിന് പ്രശ്നം പിന്നീട് സാധാരണ അലങ്കാരോ ഉപദേശം അലങ്കാരം എല്ലാം നോക്കാൻ പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ പടിപ്പടിയായി ഉപദേശി പോകുന്നതിന്റെ താല്പര്യം എന്താണ് ഛായ നീവ പ്രജാപതിന അക്ഷര ദർശിനി ഉപദിഷ്ഠ സ്വാഭാവികമായിട്ടും കണ്ണിൽ കാണുന്ന പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വന്തം കാണി നോക്ക കണ്ണിൽ നോക്കാൻ കഴിയത്തില്ല മറ്റൊരാളുടെ കണ്ണി നോക്കേണ്ടി മറ്റൊരാളുടെ കണ്ണുനോക്കുമ്പോൾ കാണുന്ന എന്താണ് തന്റെ പ്രതിബിമ്പോ അങ്ങനെ ഉപദേശിക്കുന്നതിനാ അർത്ഥമേ ഉള്ളൂ എന്താണ് ആത്മാവ് കണ്ണില് നോക്കുക കണ്ണില് നോക്കുമ്പോ കാണുന്നത് അപ്പൊ പ്രതിയും പോണോ അതാണ് എങ്കിൽ അവിടെ അവസാനിപ്പിച്ച് രണ്ടുപേരും പരസ്പരം കണ്ണിനെ നോക്കും ഇന്ദ്രനും വിരോചനും കണ്ണിൽ കാണുന്ന പ്രതിബിംബമാണോ എന്നറിയും അതാണ് ആത്മാവ് അതിനെ ധ്യാനിക്കും അങ്ങനെ ധ്യാനിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നറിയാമായിരിക്കും കണ്ണിലെ പ്രതിബിംബത്തെ ധ്യാനിക്കുന്നവരുണ്ട് കാരണം അത് ഒരുപക്ഷെ ഇവിടെ പുരുഷത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്നുകൊണ്ടങ്ങനെ അവര് ഗ്രൂപ്പ് അവര് പരസ്പരം കണ്ണിനു നോക്കിയാ ധ്യാനിക്കുന്നു കണ്ണിലെ പ്രതിബിംബത്തെ തന്നെ ധ്യാനിക്കുന്നു അങ്ങനെ ധ്യാനിക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ട് എന്റെ പ്രമാണമൊന്നും അറിയത്തില്ല പ്രജാപതി ഇങ്ങനെ പറഞ്ഞ കാര്യം അവർക്കറിയാമെന്നറിയത്തില്ല എന്തായാലും ഞാൻ ചോദിച്ചവർക്കറിയത്തില്ല ഒരു പക്ഷേ ഉപദേശിച്ചവർക്കറിയാമായിരിക്കും അവർ പറയുന്നെങ്കിൽ കണ്ണിൽ പരസ്പരം ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വെളിച്ചമുള്ളിൽ വരുമെന്നാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ എന്തായാലും അതിനു വേണ്ടിയിട്ടല്ല പറഞ്ഞത് അതിനുവേണ്ടിയാണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അവസാനിപ്പിച്ചതിനാ പക്ഷെ വീണ്ടും പറഞ്ഞു ജലത്തിനോക്കാൻ പറഞ്ഞു പിന്നെ സ്വപ്നത്തിലേക്ക് പോയി പിന്നീട് സുഷുപ്തിയിൽ വന്നു പക്ഷെ ഇതൊന്നും ഈ കണ്ണിൽ നോക്കി ധ്യാനിക്കുന്ന ഒരു സാധനം അംഗീകരിക്കുകയായിരുന്നു അങ്ങനെ നോക്കുന്ന ഒന്ന് രണ്ടു പേരെല്ലാം ആൾക്കാരുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പക്ഷെ പ്രമാണം ഇതായിരിക്കും നിരോചനന് അതുവരെ ആ കണ്ണിൽ കാണുന്നതാണ് താൻ തന്റെ ശരീരം അതിനെ തന്നെ വിരോധനം ഉപാസിക്കാൻ തുടങ്ങി അതിനെങ്ങനെ ഉപാസിക്കുക ശരീരത്തെ ഉപാസിക്കാം നല്ല ഭക്ഷണവും വസ്ത്രവും ഒക്കെ ധരിച്ച് എന്തായാലും പ്രജാപതി അതല്ല ഉദ്ദേശിച്ചത് എതിഛഛായാത്മീയ പ്രജാപതിന് അക്ഷര ദൃശ്യത ഇത്തിഷ്ഠ പ്രജാപതി അതാണ് ഉപദേശിച്ചിരുന്നെങ്കിൽ പിന്നീട് തുടർന്നൊന്നും പറയത്തില്ലായിരുന്നു അവിടെ നിർത്തിയിരുന്നു പ്രജാപതി ഇവിടുന്ന് സുഷുപ്തി വരെ പോയി ഇവിടെ ഉപനിഷത്തിൽ ഉപദേശങ്ങളൊക്കെ അവസാനിക്കുന്ന സുഷുപ്തിലാണ് അതിനപ്പുറം ഒന്നും പറയാനില്ല പിന്നെ അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ സുഷുപ്തിയാണോ അവിടെയാണോ ആത്മാവ് സ്വസ്വരൂപത്തിൽ പ്രകാശിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞുപോലെ അവിടെ പുരുഷാർത്ഥത്തിന് ഉപകരിക്കത്തില്ല പിന്നെ എന്തിനു വേണ്ടി അതിനെ പരിശ്രമിക്കണം സുഷുപ്തി മതി അത് യത്നസാധ്യമല്ല സാധനാസിദ്ധമല്ല സാധന അനാവശ്യമാണ് ഈ തരത്തിലൊക്കെ ചിന്തിച്ച് വിരോധനെ പോലെ കണ്ണിൽ കാണുന്നതെന്ന് പറഞ്ഞു ഉടനെ അവിടെ കൃതകൃത്യനായി അതുപോലെ കൃതകൃത്യരാകും പിന്നീടൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടർന്നുള്ള ഉപദേശങ്ങളാണ് പിന്നെ എന്തൊക്കെ വിശദീകരിച്ചാലും അത് അവസാനം അവിടെ തന്നെ വന്നിരിക്കും ഇവിടെ ഈ ഉപദേശം കേട്ടപ്പോ ഇതിനെ അനുകൂലിക്കുന്ന ഒരാൾ തന്നെ പ്രജാപതി പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നെ സംശയിക്കുകയാണ് ഇന്നൊക്കെ അപ്പുറമുള്ള ഒന്നെന്തായി ഉണ്ടായിക്കൂടാ ഛായാത്മാവ് അക്ഷിപുരുഷൻ സ്വപ്നത്തിലിരിക്കുന്നവൻ സുഹൃത്തുക്ക അപ്പുറമുള്ളവരാണ് പറയുന്നത് ചതുർത്ഥേ പരിഹാരം ചതുർത്ഥനായിരിക്കുന്നുവൻ തുര്യനായിരിക്കുന്നുവൻ അവന് ഇതിനൊക്കെ അപ്പുറം ഉള്ളതാണോ അതാണ് സംശയം അത് പരിഹരിക്കാൻ വേണ്ടി പറയുകയാണ് ഇതിൽ നിന്നൊക്കെ വേറെയാകും ഇത് ഓരോന്നും വേറെ വേറെ ഇതിനപ്പുറം ഒന്നും അങ്ങനെ ഉണ്ട കിഞ്ച യുദ്ധി സ്വയം ഉപദിഷ്ട ഗൃഹനസ്യ അപ്പുനയനം കാരണം ഭക്ത മീൻസ്യ അത് മാത്രമല്ല ആദ്യം ഒന്നിനെ പറഞ്ഞു അക്ഷപുരുഷൻ ഛായാമ സ്വപ്നം സുഷുപ്തി ഓരോന്നിനെയും മാറി മാറിയാണ് ഇവിടെ ഉപദേശിക്കുന്നത് ഇതല്ല ഇതല്ല ഇതല്ല അങ്ങനെ ഉപദേശിക്കണമെങ്കിൽ എന്തിനങ്ങനെ ഉപദേശിക്കുന്നു അപ്പം താൻ പറഞ്ഞേനെ മാറ്റി പറയും കേൾക്കുന്നവൻ ഓരോ സമയവും ഓരോന്നാണ് ഗ്രഹിക്കുന്നത് പറയുന്നയാൾ പറയുമ്പോൾ എല്ലായ്പ്പോഴും ഒന്നിനെ തന്നെ പറയുന്നു അതാണ് വ്യത്യാസം മുമ്പ് പറഞ്ഞല്ലോ ഇപ്പം പറയുന്നതെന്ന് കേൾക്കുന്നുവെന്ന് തോന്നുന്നു അങ്ങനെ മാറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞതെന്ന് ഉപദേശിക്കുന്ന ആളിനെ പറയുന്നു അല്ല ഞാൻ ഓരോ തവണയും ഗ്രഹിക്കുന്ന താല്പര്യം വേറെ വേറെയാണ് അതുകൊണ്ട് ഉപദേശം മാറണമെന്നില്ല മാറുകയാണെങ്കിൽ പറയും ഞാൻ നേരത്തെ പറഞ്ഞ ശരി ഇതാണ് ശരി അങ്ങനൊരിടത്തും പ്രജാപതി പറയുന്നില്ല പക്ഷി പുരുഷനെന്ന് പറഞ്ഞിട്ട് ഓ അതെനിക്ക് തെറ്റിപ്പോയതാണ് അത് സപ്തന പുരുഷനാണ് അത് പറഞ്ഞിട്ട് തെറ്റിപ്പോയതാണ് സുപ്തനാണ് അങ്ങനെ പറയുന്നില്ല മറിച്ച് ഒരേ തവണ ചോദിക്കുമ്പോഴും ഇന്നിപ്പോ പറഞ്ഞെ തിരുത്താതെ തന്നെ തെറ്റാണെന്ന് തിരുത്താതെ തന്നെ വീണ്ടും പറയും അപ്പൊ പറയുന്ന ഒന്നിനു തന്നെയാണ് സ്വപ്ന സുഷിക്ത ഗ്രഹണയോ രണ്ട സ്വയം പ്രിയ ഇതെല്ലാം പറഞ്ഞു സ്വപ്ന പുരുഷനെ കുറിച്ച് പറഞ്ഞു പിന്നീട് സുഷുക്തനെ കുറിച്ച് പറഞ്ഞു പിന്നെ അതിനെയും നിഷേധിക്കുകയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടോരോന്നും മാറ്റി പറയുന്നു എന്ന് പറയേണ്ടി വരും ഇവിടെ അങ്ങനെ പറയുന്നില്ല പ്രജാപതി ഞാൻ പറഞ്ഞത് ശരിയായില്ല അതുകൊണ്ട് വേറെ പറയുകയാണ് അങ്ങനെ കേൾക്കുന്നവന് പലതായി തോന്നും കാരണം അക്ഷപുരുഷൻ എന്ന് പറഞ്ഞാൽ അതാണോ എന്ന് പറയും അതാണോ സുഷിത്വ ഇങ്ങനെ മാറി തോന്നും എല്ലാം പറയുന്ന ഒന്ന് തന്നെയാണ് സ്വപ്ന കാരണങ്ങളെ കൊണ്ട് ആദ്യ ഇതിനെ പറഞ്ഞു പിന്നെ രണ്ടാമത് മറ്റൊന്നിനെ പറഞ്ഞു പിന്നെ വേറെതിനെ പറഞ്ഞു അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാവും മറിച്ച് സർവത്ര ദുഷ്ഠാവിനെ തന്നെ പറയുന്നു ഒരേ ഒന്നിനെ തന്നെ അറിയുന്നു ജാഗ്രത്തിന് നിഷ്ഠാവിന് സ്വപ്നത്തിന് ദുഷ്ഠാവിന് സുഷക്തിയിലും ആ നിഷ്ഠാവിനെ തന്നെയാണ് ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വ്യത്യാസമില്ല ഒന്ന് തന്നെ ഇതിനപ്പുറം ഇനി ഒരാളില്ല അതാണ് സമർത്ഥിക്കുന്നത് ഇവിടെ പക്ഷികാരൻ ആ ഏകത്വത്തെ സമർദ്ദിക്കാൻ എല്ലാ അവസ്ഥകളിലും ഒരാൾ തന്നെയാണ് അതിനും മാറ്റമില്ല ഇവിടെ ജാഗ്രതയിലിരിക്കുന്നവൻ തന്നെയാണ് സുഷുതനായിരിക്കുന്നവൻ സ്വപ്നസ്ഥനായിരിക്കുന്നവൻ അവൻ തന്നെയാണ് തുരിയൻ അല്ലെങ്കിൽ അപ്പുറം പേർ തുരിയൻ ഇല്ല ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ചോദിക്കുന്ന ആൾ അങ്ങനെയല്ല ഇതെന്തുകൊണ്ട് വേറെ ആയിക്കൂടാ പറയും സ്വപ്നം ദവപ്നത്തിൽ എങ്ങനെയാണ് ആ ദൃഷ്ടാവിനെ ഉപദേശിച്ചു പറയുന്നു അത് ശരിയല്ല പറയുന്നു അപിരോധ അവിടെയും ദഷ്ടാവിനെ തന്നെ കരയുന്നവനെ പോലെ അപ്രിയത്തെ അറിയുന്നവനെ പോലെ എന്ന് പറയുമ്പോ ഇതിനെല്ലാം അറിയുന്നവനായിരിക്കുന്നവൻ അതാണ് ദഷ്ടാവ് ജാഗ്രത്തിന് ഇതിനെല്ലാം അറിയുന്നവനാ അവൻ തന്നെ സ്വപ്നത്തിന് അതുകൊണ്ടാണ് ഉണർന്നു പറയുന്നത് ഞാനാണ് സ്വപ്നത്തെ കണ്ടത് രുന്നു അതിനെ സ്മരിക്കുന്നവൻ അപ്പോൾ ഒന്നാണല്ലോ എന്നാൽ ദുഷ്ടരന്യ കശ്ശ സ്വപ്നെ മഹീയമാനശ്ചരതി നീ ദൃഷ്ടാഗ്രനെ കുറിച്ച് ചിന്തിക്കുന്നവൻ അറിയുന്നവൻ സ്വപ്നത്തെ സ്മരിക്കുന്നവൻ അവനിൽ നിന്നും വേറിട്ട് സ്വപ്നത്തിൽ ഒരാൾ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നില്ല അത്രയും പുരുഷസ്വയും ജ്യോതി സിദ്ധത്വ ബഹധാരണത്തെ കുറയും അത്രയും പുരുഷസ്വയും ജ്യോതി സ്വപ്നം പറഞ്ഞേ തീരു കാരണം പുരുഷൻ സ്വയം പ്രകാശിക്കുന്നവനാണ് എന്നുള്ളതിന് ഉള്ള യുക്തിയാണ് സ്വപ്ന പുരുഷൻ ജാഗ്രത്തിൽ സ്വയം പ്രകാശിക്കുന്നവനെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് കാരണം ജാഗ്രതത്തിലാണ് ഉപദേശിക്കുന്നതെങ്കിലും സ്വയം പ്രകാശിക്കുന്നവൻ സ്വയം അറിയുന്നവനെന്ന് പറയാൻ മതി ജാഗ്രത്തിൽ അറിയണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയണം മനസ്സിന്റെ സഹായത്താർ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ സഹായത്തെ അറിയുന്നതിന് ഇവിടെ ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിക്കേണ്ടി വരും പ്രകാശത്തിലൂടെ അറിയണം സൂര്യനെ ആശ്രയിക്കണം സ്പർശരസഗന്ധങ്ങളുടെ സഹായത്തിൽ അറിയുന്നതിന് അതാത് വിഷയങ്ങളെ ആശ്രയിക്കണം അത് മാത്രം പോരാ ഇന്ദ്രിയങ്ങൾ വേണം സ്വയം അറിയുന്നവനെന്നെങ്ങനെ പറയാൻ പറ്റും കണ്ണില്ലാത്തവന് കാണാൻ കഴിയുന്നില്ല ഉള്ളിലിരിക്കുന്നവൻ സ്വയം അറിയുന്നവനാണെങ്കിൽ കണ്ണില്ലാതെയും കാണണമല്ലോ അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അഭാവത്തിൽ അറിയാൻ കഴിയുന്നില്ല സ്വയം അറിയുന്നു എന്ന് വെച്ചാൽ പരാപേക്ഷ കൂടാതെ മറ്റന്നിൻ്റെ സഹായം കൂടാതെ അറിയുന്നവനെന്ന് ജാഗ്രതങ്ങനെ സമർത്ഥിക്കാൻ പറ്റും ഇനി ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ മനസ്സിന്റെ സാന്നിധ്യമില്ലെങ്കിലും അറിയാൻ പറ്റുന്നില്ല അപ്പൊ ജാഗ്രത സ്വയം പ്രകാശം സ്വയം അറിയുന്നവനെന്ന് സമർത്ഥിക്കാൻ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പ്രയാസമാണ് കാരണം ഇവിടെ ഈ ജീവൻ പരാപേക്ഷ എന്നാണ് പലതിനെയും ആശ്രയിച്ചിട്ടാണ് അറിയുന്നത് സിദ്ധാന്തം എന്താണ് ഇത് സ്വയം പ്രകാശിക്കുന്നവനാണ് സ്വയം അറിയുന്നവനാണ് അപ്പൊ അവന് ഈ കർണങ്ങളുടെ ഒന്നും ആവശ്യമില്ല സൂര്യന്റെയും ചന്ദ്രന്റെ ഒന്നും ആവശ്യമില്ല സ്പർശരസഗന്ധങ്ങളുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ എല്ലാം അറിയും അതിനുദാഹരണം പറയുന്നത് സ്വപ്നം അതാണ് അത്രയും പുരുഷസ്വയും ജ്യോതിഷി സ്വപ്നത്തിൽ പറയാം സ്വയം പ്രകാശിക്കുന്നവനാണ് എന്തുകൊണ്ട് ഈ ജാഗ്രത്തിൽ അപേക്ഷിക്കുന്ന സൂര്യനും ചന്ദ്രനും സ്പർശരസഗന്ധങ്ങളൊന്നും അവിടെയില്ല അവിടെ അറിയുന്നവൻ മാത്രം ജാഗ്രത്തിൽ വന്നിട്ട് പറയാൻ കഴിയുന്നില്ല ഈ സൂര്യൻ അവിടെ കണ്ടു എന്ന് പറയാൻ പറ്റുന്നില്ല ഞാൻ ഈ കണ്ണുപയോഗിച്ച് കണ്ടു എന്ന് പറയാൻ കഴിയുന്നില്ല ഒന്നിനെ അപേക്ഷിക്കാതെ ഇവിടെ സർവത്തെയും കാണുന്നു അതാണ് സ്വയം പ്രകാശം സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ ബോധ്യപ്പെടുന്നു അറിയുന്നതും അറിയുന്നവനും അറിവും എല്ലാം ഒന്നായിട്ടിരിക്കുന്നു ഒന്നിൽ തന്നെ ദൃശ്യങ്ങളും ദൃഷ്ടാവും ദർശനവും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെയൊന്നും ആശ്രയിക്കുന്നുണ്ടല്ലോ ഇവിടെയുള്ള ഒന്നിനെ ആശ്രയിക്കുന്നു ഇവിടെയുള്ള ഒന്നുമില്ലാത്തടത്തോ ഇവിടെയുള്ള ഒന്നിനെ ആശ്രയിക്കാതെ സർവത്വയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ അതാണ് സ്വയം പ്രകാശം അതുപോലെ ആകാം ഇവിടെയും സ്വപ്ന ദൃഷ്ടാന്തം അവിടെ യുക്തിക്ക് വിരുദ്ധമായിട്ടൊന്നുമില്ല തന്നെ ദൃഷ്ടാന്തം അതുകൊണ്ട് ാണ് പിന്നെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ സ്വപ്നത്തിൽ സംഭവിക്കാമെങ്കിൽ എന്തുകൊണ്ടത് ജാഗ്രത പോലെ ആയിക്കൂടാൻ സ്വയം പ്രകാശമുണ്ട് അവനാണ് അത്രയും പ്രശസ്തയും ജ്യോതി തീരുമാനിക്കുന്നു അല്ലെങ്കിൽ സ്വയം പ്രകാശത്തെ സമർത്ഥിക്കാൻ ജാഗ്രത ഈ വ്യവഹാരത്തിൽ ന്യായതഹാദിയുണ്ട് ശക്തിയന്തിരി സിദ്ധത്വ ദുരാധാരണത്തിലൊക്കെ ആയിരിക്കും സമർത്ഥിക്കുന്നുണ്ട് ർക്കും നിഷേധിക്കാനും കഴിയത്തില്ല യദ്യ വി സ്വപ്ന സദീർഘന സ്വപ്ന ഭോഗോ ഉപലബ്ധി പ്രതി കാരണത്തുന്നു പറയുന്നതൊക്കെ ശരി സ്വപ്നത്തിലും സ്വയം പ്രകാശമൊന്നും സമർപ്പിക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ട് സ്വപ്നത്തിലൊരു മനസ്സുണ്ടല്ലോ അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ല കരണങ്ങളില്ല എന്നൊക്കെ സമ്മതിക്കും പക്ഷെ സ്വപ്നങ്ങൾ കാണുന്നവർ മനസ്സോടെ ഉണ്ടായിരിക്കണമല്ലോ അപ്പം മനസ്സിനെ ആശ്രയിക്കുന്നുണ്ടോ സ്വയംപ്രകാശം സ്വയം പ്രകാശം എന്ന് വെച്ചാൽ മറ്റതിനെ ആശ്രയിക്കാൻ പാടില്ല എന്നെ താൻ ഇപ്പോൾ ഇതിനെ കാണണം താൻ സ്വയം അറിയുന്നവനാണെങ്കിൽ കണ്ണില്ലാതെ ഇതിനെ കാണണം രൂപത്തിന്റെ ദർശനം ഉണ്ടാവും നടത്തിന്റെ ദർശനം ഉണ്ടാവണം എന്നാലും സ്വയം പ്രകാശം എന്ന് പറയാൻ പറ്റും സ്വപ്നത്തിൽ മനസ്സുണ്ടല്ലോ മനസ്സിനെ ആശ്രയിക്കുന്ന ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ പരാപേക്ഷ വന്നു കഴിഞ്ഞാൽ സ്വയം പ്രകാശവാദത്തിന് പറയുന്നത് ദിവസ തഥാവിനാദ് സ്വപ്നഭോഗം അത് ശരിയാണ് ജാഗ്രത്തിൽ ഈ അറിവിന്ദ അതിനെ തുടർന്ന് വരുന്ന സുഹൃത്തുക്കാതി അനുഭവത്തിനും മനസ്സ് കരണമാണ് മനസ്സവിടെ ഒരുപകരണം തന്നെയാണ് മനസ്സിനെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ സ്വപ്നം അതുപോലല്ല പിന്നെന്താണെങ്കിലും പടചിത്ര ജാഗ്രത് വാസനാശ്രയ ദൃശ്യ ചെയ്യുക ദൃശ്യർഭവതീതിയം ബാധക എന്താ പറയുന്നത് എന്താണോ അത് പടചിത്രവെന്ന് ഒരു ചിത്രത്തെ പോലെ അതായത് ദൃഷ്ടാന്തം പറയാൻ പറ്റും ജാഗ്രവാസനാശ്രയദൃശി എന്തായാലും ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ ജാഗ്രതയിൽ ഇതെല്ലാം കാണുന്നവനുണ്ട് സ്വപ്നത്തിനും കാണുന്നവനുണ്ട് സ്വപ്നത്തിൽ പറയുന്നത് മനസ്സുകൂടിയുണ്ടെന്നാണ് പറയുന്നത് അതാണിതെല്ലാം കാണുന്നത് ഉദാഹരണം ചിത്രത്തിന്റെ ഉദാഹരണം പറയുന്നു അപ്പൊ ചിത്രത്തിൽ എന്താണ് ചിത്രത്തിൽ വാസ്തവത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അത് കാണുന്നത് ടി വിയിൽ കാണുന്നത് പണ്ട് ചിത്രം അന്ന് ടി ഇല്ല ഇന്ന് ടി അവിടെ കാണുന്നത് എന്താണോ വെളിച്ചവും നേളിനും അവിടെ രണ്ടാമത് ഏതെങ്കിലും ഒരു വസ്തുവുണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ചിന്തിക്കുമ്പോ അതിന് പറയുന്നത് ഇപ്പൊ ഒരാള് ജാഗ്രതയിൽ വിശ്വസിക്കാമ്യാത്ത ഒരു ദൃശ്യം കണ്ട് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റോ ചിറകുള്ള ഒരു മനുഷ്യനെ കണ്ടു ഒരാൾ കണ്ടുകഴിഞ്ഞാൽ അയാളെ സംശയിക്കുന്ന സ്വപ്നമാണോ സ്വപ്നത്തിൽ അങ്ങനെ കാണാം സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി എന്ത് പറയും ഞാനും ശരീരത്തിൽ നുള്ളി നോക്കി വേദനയ്ക്ക് നോക്കോ ജാഗ്രത ഈ ശരീരത്തിന് നുള്ളി നോക്കിയാൽ വേദനിക്കണമെങ്കിൽ ജാഗ്രത ജാഗ്രത ആണെന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുന്ന എങ്ങനെയാണ് ജാഗ്രതയിലെ സംവേദനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞിട്ടാണ് ശാരീരിക കായിക വേദനകളും മറ്റും തിരിച്ചറിഞ്ഞിട്ട് സംവേദന സുഖമോ ദുഃഖമോ കാമോ ക്രോധമോ ഇത്തരം അനുഭവങ്ങൾ ണ്ടാകുന്നുണ്ടെങ്കിൽ ജാഗ്രത അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംവേദനത്തെ തുടർന്ന് വരുന്ന പ്രതിസംവേദനം അതുണ്ടാവണമെങ്കിൽ ജാഗ്രത അത് ദൃശ്യത്തെ തുടർന്നുണ്ടാകും അസുഖം ദുഃഖം തുടങ്ങിയ ആന്തരികമായ അനുഭവങ്ങൾ അതുണ്ടാകുന്നെങ്കിൽ ജാഗ്രതെന്നാണ് ധരിച്ചിരിക്കുന്നു അതി സ്ഥൂര ശരീരം മുഖാന്തരം സ്വപ്നത്തിലാണെങ്കിലും സ്വപ്നത്തിലും ദൃശ്യങ്ങളുണ്ടാകാം ഭയക്കാം സ്വപ്നം കാണുന്നവനും സ്വപ്ന ദേഹത്തിൻ്റെ നുള്ളി നോക്കാം വേദനിക്കാം എന്നിട്ട് അവന് പറയാം ഇത് സ്വപ്നമല്ല ജാഗ്രത അപ്പൊ സ്വപ്നമായതുകൊണ്ട് ഇത് ശരിയായിക്കൊള്ളുവെന്നില്ല അവിടെ എന്താണ് രണ്ടു തമ്മിൽ മുന്നേ എന്താ വ്യത്യാസപ്പെടുത്തുന്നത് ജാഗ്രത്തിലിരുന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് ഈ സംവേദനം തുടർ സംവേദനം ദേഹത്തു നിന്നുള്ള വരുന്ന വേദന പോലെയുള്ള കാര്യങ്ങൾ ഇതുകൊണ്ട് ജാഗ്രതത്തിന് തിരിച്ചറിയാവുന്ന വിചാരിക്കുന്നു അങ്ങനെ തിരിച്ചറിയാൻ കഴിയത്തില്ല കാരണം ഇതൊക്കെ സ്വപ്നത്തിന് സംഭവിക്കുക ഈ പറയുന്നതല്ല ജാഗ്രതൽ ഈ കർണങ്ങളെ ആശ്രയിച്ച് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു എന്ന് കരുതുന്നതുപോലെ സ്വപ്നത്തിനും കരുതാം സ്വപ്നത്തിലൊരു ശരീരം ആ ശരീരത്തെ ആശ്രയിച്ച് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു അങ്ങനെ കരുതാം അപ്പം ജാഗ്രത എന്തൊക്കെ സംഭവിക്കാം അതെല്ലാം സ്വപ്നത്തിനും സംഭവിക്കാം സ്വപ്ന അനുഭവത്തിലിരിക്കുന്ന ഒരാളിനും അതുകൊണ്ടാണ് ഒരിക്കലും സ്വപ്നത്തെ സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് എന്തിനവിടെ സ്വപ്നം പോലും കാണും കാരണം അത് ജാഗ്രത ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് പിന്നെ രണ്ടിനെ എങ്ങനെ കരുതിരിക്കും സ്വപ്നത്തിൽ ഇതൊന്നുമില്ല എന്നാണ് ജാഗ്രതയുടെ അനുഭവം എന്നാൽ ഒന്നിനെ നിഷേധിക്കാൻ വയ്യ അവിടെ മനസ്സുണ്ട് ഇതൊന്നുമില്ലാതെ എന്ത് എന്തുകൊണ്ട് ഇതിനേക്കറിഞ്ഞു പറയുന്നു മനസ്സുകൊണ്ടറിഞ്ഞു പ്രസാധി കരണമുണ്ട് അവിടെ കേവലം പുരുഷൻ അല്ല അറിയുന്നു മനസ്സിനെ ആശ്രയിച്ചറിയുകയാണ് അതിനുള്ള പറയുന്നത് പടചിത്രവ് പടത്തിലെ ചിത്രത്തെ പോലെ അതായത് ദൃശ്യം പോലെ അവിടെ ആ ദൃശ്യത്തിൽ നേടും വിളിച്ചുമെല്ലാം ഒന്നുമില്ല പക്ഷെ അതിനെ നേടും വിളിച്ചവുമായിട്ടറിയുന്നില്ല മറിച്ച് ആനയായും കുതിരയായും എല്ലാം അറിയുന്നു വാസ്തവത്തിൽ അവിടെ നീളും വിളിച്ചു മാത്രേ ഉള്ളു രണ്ടാമതൊന്നില്ല പക്ഷെ കേവലം നീളും വിളിച്ചവുമായിരിക്കുന്നു ഇതിന് ആനയായും കുതിരയായും ഒക്കെ എങ്ങനെ അറിയുന്നു അതെന്തോ ഒരു കാരണം വേണമെന്ന് അപ്പോൾ അതിനുള്ള ചില സാങ്കേതികമായ വിദ്യകളുണ്ട് അതുകൊണ്ട് ആ നെഴലും വെളിച്ചവും ചേർന്ന് രൂപങ്ങളായി അനുഭവപ്പെടുന്നു അതാണ് നമ്മൾ ടി വിയിൽ കാണുന്നത് പിന്നെ എന്തോ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അവിടെ ഏതോ ബിംബത്തെ അവിടെ പ്രതിബിംബമാക്കി കാണിക്കുന്നുണ്ട് പിന്നെ വാസ്തവത്തിലൊരവിടെയുണ്ട് ആനയുടെ പ്രതിബിംബം നേടും വെളിച്ചവുമായി അത് പ്രതിബിംബമായി മാറുന്നു അപ്പം ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന എന്താണ് ഒരു സാങ്കേതികവിദ്യ ഇവിടെ പറയുന്ന എന്താണത് ജാഗ്രത്വാസന ഇവിടെ ഒരു ബിംബമുണ്ട് ഇവിടെ ഒരു ആനയുണ്ട് ദൂരെ ഇവിടെയുള്ള ഒരു ആനയെ ഇവിടെ ടി വി പ്രതിബിംബമായി കാണിക്കുന്നു ഇവിടെ കാണുന്നത് ശരിക്കും പ്രതിബിംബമാണ് അതുപോലെ ഈ ജാഗ്ര ജാഗ്രത്തിൽ എന്താണോ ഉള്ളത് അതിൻ്റെ പ്രതിബിംബമാണ് അവിടെ കാണുന്നത് ആ പ്രതിബിംബം കൊണ്ടെന്താ അത് വാസ്തവമാവും പക്ഷെ ഉള്ളി വേദനിച്ചല്ലോ അതുകൊണ്ടാണോ നമ്മൾ വാസ്തവം എന്നറിയുന്നത് അതുപോലെ ഈ ദൃശ്യങ്ങളെല്ലാം ജാഗ്രതയിലേതുപോലെയുള്ള എല്ലാ വികാരങ്ങളെയും ഉണ്ടാകും പുരുഷനിലുണ്ടാക്കുന്നു കാമക്രോധാദികൾ ഭയ ദേശിയാദികൾ എല്ലാം ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ടി വി കാണുന്ന ദൃശ്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള അവിടെ കാണുന്ന ആന സത്യമാണ് ഉദരസത്യം അതൊരിക്കലും പറയത്തില്ലല്ലോ പിന്നെന്താണെന്ന് കേവലം ഛായ പരമാർത്ഥമല്ല പരമാർത്ഥത്തെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നു ഈ പരമാർത്ഥം അല്ല സ്വപ്നത്തിൽ ഉള്ളത് ഇവിടുത്തെ മനസ്സല്ല അവിടെ ഉള്ളത് പിന്നെ അവിടെ ആരാ ഉള്ളത് പുരുഷൻ മാത്രം പക്ഷേ ഇതുമായി ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട് അത് അംഗീകരിക്കുന്നു അതിനുള്ള പറയുന്നു വാസന എന്ന് പറയുന്നു അല്ലേ ദൂരെ ഇരിക്കുന്ന ഇവിടെ പ്രതി കാണിക്കുന്നു പിന്നെ ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ബന്ധിപ്പിക്കുമ്പോഴാണ് അതിവിടെ നീളിലായി കാണുന്നത് പക്ഷെ അത് കാണുന്നവനെ സംബന്ധിച്ച് അത് ഭയ കാമാദികളെല്ലാം ഉണ്ടാക്കുന്നു അതുകൊണ്ട് സത്യമാണെന്ന് പറയാൻ പറ്റും പറ്റത്തില്ലല്ലോ സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല അത് സംവേദനം പ്രതിസംവേദനം തുടങ്ങിയ കാര്യങ്ങളെ ജാഗ്രത പോലെ തന്നെ സ്വപ്നം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് സത്യമല്ല അവിടെ പുരുഷൻ മാത്രമേ ഉള്ളൂ മനസ്സെന്ന് പറയുന്നതോ അത് ഇതുപോലെ പക്ഷെ ഇവിടെ സുഖ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ഇതുപോലെ തന്നെ സുഖ ദുഃഖം അനുഭവിക്കുന്നതിന് അത് വാസ്തവണമെന്നില്ല അതുകൊണ്ടാണ് ഈ ദൃശ്യത്തെ ടിവി കണ്ടിട്ട് മനുഷ്യൻ കരയിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനോട് പ്രാധാന്യപ്പെടുന്ന സത്യമെന്ന് കരുതുന്നു അവിടെ ജാഗ്രത്തിനെ സത്യത്തെ വിസ്മരിക്കുന്നു അല്ലേ അതാ സത്യമാണെന്ന് ഒരാൾ ബോധ്യപ്പെട്ട ഇത് വെറും നീളം വെളിച്ചമാണെന്നറിയുന്ന ഒരാളിന് അവർ ബോധം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതിനോട് താതകപ്പെടാൻ പറ്റും എങ്ങനെ സുഖ അതിൻ്റെ പേരിൽ അനുഭവിക്കാൻ പറ്റും അത് കേരളം അതുപോലെ സ്വപ്നത്തിൽ സ്വയം പ്രകാശിക്കുന്ന ആ ദൃശ്യ ദൃക്ക് മാത്രമേ ഉള്ളു ആ ദൃക്കിൽ ഈ ജാഗ്രത വാസനാരൂപത്തിന് ഇത് കാണുന്നു ജാഗ്രതത്തിനെ അനുകരിച്ചുകൊണ്ട് വാസ്തവത്തിലുള്ള ആനയെപ്പോലെ ഒരാണെ കാണും അതും സുതുക്കങ്ങൾക്ക് ഹേതുവാകുന്നുണ്ട് അത് സത്യം എന്ന് പറയാൻ പറ്റത്തില്ല അല്ല ഈ മനസ്സ് വിടെ ഇല്ല ഇതിന്റെ ഒരു നെഴലുണ്ട് ആ നിഴല് എന്തിനെ ആ ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് അതില്ല ഉണ്ടാക്കി കാണിക്കുന്നു സ്വപ്നത്തിലുള്ള ദൃശ്യങ്ങളെ അതതിനെ ആശ്രയിക്കുന്നില്ലേ ഇല്ല മറിച്ച് അതിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത് വ്യത്യാസം ഇവിടെ കാണണമെങ്കിൽ കണ്ണിനെ ആശ്രയിച്ചേ പറ്റൂ അനുഭവമാണ് പക്ഷെ സ്വപ്നത്തിൽ കാണുന്നതിന് ഈ കണ്ണിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല മറിച്ച് സ്വപ്നദൃഷ്ടാവിനെ ആശ്രയിച്ചൊരു കണ്ണുണ്ട് അതിനെ ആശ്രയിക്കുന്നു അതുപോലെ സ്വപ്നദൃഷ്ടാവിനെ ആശ്രയിക്കുന്ന ഒരു മനസ്സും അതിനെ ആശ്രയിക്കുന്നു അതുകൊണ്ട് പുരുഷന്റെ സ്വയം പ്രകാശത്തെ ഭഞ്ജിക്കുന്നതിന് സ്വപ്നത്തിൽ ഒന്നിനും ശേഷിയില്ല ഏതുപോലെ ഒരിക്കലും നിഴലിന് വാസ്തുമാകാൻ പറ്റത്തില്ല ചിത്രപടദ ദിക്ഷം പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് നിഴിന് ഒരിക്കലും വാസ്തുവാകാൻ പറ്റത്തില്ല നെഴു തന്നെയാണ് പക്ഷെ അതിന് പലതും സൃഷ്ടിക്കാൻ കഴിയും ജീവനിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്താ സുഖ ദുഃഖാദികൾ കാമക്രോധാദികളെല്ലാം ഉണ്ടാക്കി ജീവനെ പ്രസന്നനാക്കാനും കലുഷിതമാക്കാനും എല്ലാം ഉള്ള കഴിവ് ആ നിഴലിനുണ്ട് അതെങ്ങനെ നിൽക്കുന്നു ആ ജീവനെ ആശ്രയിച്ച് വാസ്തവത്തിൽ അതിനെ ആശ്രയിക്കുന്നോണ്ടല്ലേ അതിനൊക്കെ കഴിയുന്നത് ജീവനെ ആശ്രയിച്ചില്ലെങ്കിലും നിലനിൽപ്പേയില്ല മനസ് നമ്മൾ കാണുന്ന ദൃശ്യത്തിനോടും മനസ്സിന് കൂടെ അതിനോട് താതല്യപ്പെട്ടാലേയുള്ളൂ ബാക്കി സംഭവങ്ങളല്ല അത് താതല്യപ്പെടാത്തവനാണെങ്കിൽ അവനതിൽ നിന്ന് മാറുകയാണെങ്കിൽ അവൻ്റെ അതൊരു വികാരത്തെയും ഉണ്ടാകത്തില്ല ഒരു ചലനത്തെയും ഉണ്ടാകത്തില്ല സുഖവും ദുഃഖവും അനുകൂലവും പ്രതികൂലവും ഒന്നും ഉണ്ടാകത്തില്ല അവനവന്റെ സ്വരൂപത്തിൽ തന്നെ നിസ്സംഗനായി തന്നെ അതുപോലെ പുരുഷൻ പുരുഷനെ ആശ്രയിച്ചിരിക്കുന്ന പുരുഷനെ ആശ്രയിക്കുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ശരീരം ഈ ചക്ഷുന്ദ്രിയും ഇവിടെ ഈ ദൃശ്യം ഇവിടെ താൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയും കണ്ണിലൂടെ കാണുന്നു ഇതൊന്നും അവിടെയില്ല ഇവിടെ കേവലമായ പുരുഷൻ എന്നാലും ഇതൊക്കെ കാണുന്നു അത് ഇതിനെ തുടർന്ന് കാണുന്നു ഈ അനുഭവങ്ങളോട് സമാനതയുള്ളതിനെ കാണുന്നു എന്താ ലോകത്തിലില്ലാത്തവരാനെ ടി വി കാണിക്കാൻ പറ്റും പറ്റത്തില്ല എവിടെയെങ്കിലും അതിൻ്റെ ഒരു രൂപം ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ സമാനത കാണി ആരെങ്കിലും സൃഷ്ടിച്ചവരാനേ ഒരു പ്രതിമയായി അതിൻ്റെ ഒരു നിഴലെ കാണിക്കാൻ പറ്റും അതുപോലെ ജാഗ്രതയിലെ ഈ അനുഭവങ്ങളുണ്ട് ഒരു നിഴല് നെഴലിനൊരു സ്വഭാവം ഉണ്ട് അത് ബിംബത്തെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റും ബിംബമില്ലെങ്കിൽ നിഴലില്ല ബിംബസ്വയം നിലനിൽക്കുന്നു നെളില് ബിംബത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇതവിടെ നെഴലായി നിൽക്കുന്നു അവിടെ എന്തിന്റെ നെൽ ഇതൊന്നും അവിടെ ഇല്ലല്ലോ പിന്നെ എന്തിന്റെ നെളിലാവും അതാണ് പറഞ്ഞത് ദൃശ്യാശ്രയം ആ പുരുഷന്റെ പുരുഷന്റെ നിഴലായി പുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു ഒന്നിനെ പുരുഷനെന്തിനെ ആശ്രയിക്കണം അങ്ങനെ പുരുഷനാശ്രയിക്കേണ്ട കാര്യമില്ല ഇവിടെ ബിംബമായി അവിടെ പ്രതിബിംബോയി നിൽക്കുന്നു ഇവിടെ ബിംബമായി നിൽക്കുന്നോണ്ട് ഇതിനേക്ക് ആശ്രയിക്കേണ്ടി വരുന്നു ഇവിടെ പ്രതിബിം പോയി നിൽക്കുന്നോണ്ട് ആശ്രയിക്കേണ്ട ആവശ്യപ്പെടുന്നില്ല അതാണ് വാസനാശ്രയ ദൃശ്യവസനെ ആശ്രയിക്കുന്നു വെച്ചാൽ ആ ൃക്കിനെ ആശ്രയിച്ചു നില്ക്കുന്ന ആ പ്രതിബിംബങ്ങളെ കൊണ്ട് ഇതെല്ലാം കാണിക്കുന്നു അവിടെ പുരുഷൻ സ്വതന്ത്രനാണ് ഈ കർണങ്ങളൊന്നും അതിനെ ആശ്രയിക്കേണ്ടതില്ല അതിന് ഉദാഹരണം പറയും പടച്ചിത്ര ഓരോ നേലെ അവിടുത്തെ മനസ്സും വിഷയങ്ങളും അതുകൊണ്ട് ഉന്നദാരണത്തിൽ അതിനെക്കുറിച്ച് പറയും പറയും അവിടെ രഥവും കുതിരകളും എല്ലാ പുരുഷൻ തന്നെ സൃഷ്ടിച്ചാണ് അതിനീ ജാഗ്രതയിലെ മനസ്സിനെ അതിനെ ആശ്രയിക്കേണ്ടി വന്നില്ല തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് ആ പുരുഷൻ അവിടെയും ഇവിടെയും ഒരാളായി നിക്കുന്നോണ്ടാണ് അതുകൊണ്ടാണ് ആ ബന്ധമുണ്ടായത് അതുകൊണ്ട് ആ പുരുഷന് ഇത് ഉള്ള ഉണ്ട് അവിടെ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നതിനൊക്കെയുണ്ട് ഇവിടെയുള്ള പാരതന്ത്ര്യം ഇല്ല അതുകൊണ്ട് അത്രയും പുരുഷസ്വയം എന്ന് പറയും ഇവിടെ നിങ്ങൾക്ക് സംശയമുണ്ടാകാം ഇതിനെല്ലാം ആശ്രയിച്ചല്ലേ ഇവനറിയുന്നു പക്ഷെ അവിടെ ഇതൊന്നും ഇല്ലെങ്കിൽ അത് സ്വയം ജ്യോതി തന്നെയാണ് അപ്പം സ്വപ്ന ദൃഷ്ടാന്തം പറയുന്നതിന് വേണ്ടിയിട്ടാണ് പുരുഷൻ സ്വയം ജ്യോതിസാണ് എന്നാലും എന്തുകൊണ്ടിതെല്ലാം ഉണ്ടായി അതിന് സമാനം പറഞ്ഞു ജാഗ്രത് വാസനാശ്രയം ജാഗ്രത ഈ അനുഭവങ്ങളെയും ആ സ്വപ്നത്തിലെ അനുഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന് അതിന് കൊടുക്കത്തിരിക്കുന്ന പേരാണ് വാസന എന്തോ ഒന്നുമുണ്ട് കാരണം ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല അങ്ങനെ എന്തോ ഉള്ളത് ഉള്ളത് കൊണ്ടാണ് ജാഗ്രത ഇരുന്നു സ്മരിക്കാൻ കഴിയുന്നു ഇതും അതുമായിട്ടുള്ളൊരു ബന്ധമുള്ളത് കൊണ്ടാണ് അവിടെ അത് സ്വയം പ്രകാശിക്കുന്നോണ്ടാണ് അവിടെ കേവലം പുരുഷൻ സ്വയം എല്ലാം കാണിക്കുന്നുകൊണ്ടാണ് ജാഗ്രത അതിനെ സ്മരിക്കാൻ കഴിയും തിരിച്ച് സംഭവിക്കില്ല സ്വപ്നത്തിൽ ജാഗ്രത സ്മരിക്കാൻ പറ്റുന്നില്ല അതല്ല സംഭവിക്കുന്നത് ജാഗ്രത സ്വപ്നത്തെ അനുസ്മരിക്കുന്നു എന്നവിടെ സ്വയം പ്രകാശനായിരിക്കുന്നു തന്നെ ആശ്രയിച്ച് സർവതമിരിക്കുന്നു അവൻ തന്നെ ജാഗ്രതത്തിലേക്കും വരുന്നു അതിനെന്നെ ഇവിടെ സ്മരിക്കാൻ കഴിയുന്നു അത് സ്വയം ഒരു ജാഗ്രത ആയിട്ട് എന്ന് ഇരിക്കുന്നു അത് സ്വയം ജാഗ്രത പോലെ അനുഭവപ്പെടുന്നത് ഈ ജാഗ്രതനേക്കാൾ കുറച്ചുകൂടി സ്പഷ്ടതയുള്ള ജാഗ്രത ഇവിടെ പരാപേക്ഷ വരും അവിടെ പരാപേക്ഷ ഒന്നുമില്ല അവിടെ അതിനപ്പുറം ഒരു ജാഗ്രത ഇല്ല സ്വപ്നത്തിൽ അത് മഹാജാഗ്രത് കാരണം സ്വയം പ്രകാശത്തിലല്ലേ അവിടെ നിൽക്കുന്നത് അപ്പൊ ഇതിനേക്കാൾ തെളിച്ച അവിടെയാണ് നിരപേക്ഷമായി പ്രകാശിക്കുന്നത് അതിനപ്പുറം ഒരു ജാഗ്രതയില്ല അതുകൊണ്ട് അവിടെ ജാഗ്രതനെ കുറിച്ച് മറ്റൊരു ജാഗ്രതയെ കുറിച്ചുള്ള ഒരു ചോദ്യമില്ല മറ്റന്നിനെ കുറിച്ചുള്ള സ്മരണയ്ക്ക് അവകാശമില്ല ഇവിടെ അങ്ങനെ അല്ല ഇത് പരാപേക്ഷമായിരിക്കുന്നു ഇവിടെ സ്വയംച്യോതിസമാണെങ്കിലും അത് ബോധ്യപ്പെടാൻ പ്രയാസമാണ് അതുകൊണ്ടിവിടെ മറ്റനുഭവങ്ങൾ ഇവിടെ സ്മരിക്കാൻ പറ്റുന്നു അവിടെ പര നിരപേക്ഷമാണെന്ന് കാണിക്കാനാണ് പറഞ്ഞത് പടച്ചിത്രവും ജാഗ്രതവാസന ദൃശ്യ ഭവതി അവിടെ അതിർക്ക് മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ധിയാകുന്നതും വിഷയമാകുന്നുമില്ല ജ്യോതിഷാധകസ്യ അതുകൊണ്ട് അധിഷ്ഠാവിന്റെ അധിഷ്ഠാവുസ്വയം പ്രകാശിക്കുന്നു എന്നുള്ളതിന് ബാധ ഒരിടത്തും വരുന്നില്ല ഇവിടെ ദുഷ്ടാവായിരിക്കുന്നവൻ തന്നെയാണ് സ്വപ്നത്തിനും ദുഷ്ടാവായിരിക്കുന്നത് അവൻ കുറച്ചുകൂടി സ്വതന്ത്രനായി നിരപേക്ഷനായിരിക്കുന്നു ഇതിനെയൊന്നും ആശ്രയിക്കാ അവൻ തന്നെയാണ് ജാഗ്രത സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നിനെ ആശ്രയിക്കുക ആണവിടെ പൂർണമായ സ്വയം പ്രകാശം അവിടെ എന്താണ് ജാഗ്ര കൂടി ആശ്രയിക്കുന്നത് ഒന്നിനെ ആശ്രയിക്കാതിരിക്കുന്നു പിഞ്ചന് മാത്രമല്ല ജാഗ്രസ്വപ്നയൂർ ഭൂതാനി ആത്മാനം ചാണതി ഇമാനി ഭൂത അയമഹമസ്മീതി ഒരു വിശേഷത കൂടി അവിടെ എന്താണോ ഭൂത്താനി ജാഗ്രതത്തിന് സർവത്തെ അറിയുന്നുണ്ടല്ലോ ജാഗ്രതയുടെ വിഷയങ്ങളെ അറിയുന്നു സ്വപ്നത്തിൽ സ്വപ്നങ്ങളെ വിഷയങ്ങൾ അറിയുന്നുണ്ട് ആത്മാനം തന്നെ അറിയുന്നുണ്ട് സർവത്തിൽ നിന്നുള്ള വ്യത്യാസത്തെ കാണിക്കുകയാണ് തന്നെയും അന്യമായതിനെ അറിയുന്നുണ്ട് ജാഗ്രതത്തിലും സ്വയം പ്രകാശിക്കുന്നുമുണ്ട് സ്വപ്നത്തിലും പ്രകാശിക്കുന്നുമുണ്ട് പക്ഷെ അന്യനെ അറിയുന്നു ജാഗ്രതത്തിന് സ്വപ്നം അന്യത്വബോധമുണ്ട് തന്നെയും അറിയുന്നു ഞാൻ അന്യൻ തന്നെ അറിയുമ്പോൾ അന്യനെ അറിയും അന്യനെ അറിയുമ്പോൾ തന്നെയും അറിയും ഇമാനി ഭൂതാനി അയഹ മസ്മി ഇതാ ഇതെല്ലാം ഇവിടെ എൻ്റെ മുമ്പിലുണ്ട് ഞാൻ ഇവിടെയുണ്ട് ഈ അറിയില്ല ഇതിന് ജാഗ്രത സ്വപ്നങ്ങളെല്ലാം ഉണ്ട് പ്രാപ്ത സത്യം പ്രതിഷേധ യുക്തയും ഇവിടെ മുൻപ് മന്ത്രത്തിൽ പറഞ്ഞു സഹത്തെ കുറിച്ച് പറഞ്ഞു അവിടെ ഇന്ദ്രൻ ധരിച്ചേന്ദ്രനെല്ലാം നശിച്ചുപോയി ാഹയം ഭം സംപ്രത്മാനം ജാനാതി അയമി ഭൂതാനി അസുഭയെക്കുറിച്ചെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞപ്പോ എന്തെന്ന് തോന്നി പോരായ്മ അങ്ങനെ എന്തിനാണ് ഈ ആത്മാവെന്ന് പറയുന്നത് എവിടെത്മാണെന്നും എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഭൂതാനി കാണുന്നു ഒന്നിനി അറിയാൻ പറ്റുന്നില്ല വിനാശമേവാ സമ്പൂർണ്ണ നാശം സംഭവിച്ച ഒരു അവസ്ഥ ഇതാണല്ലോ അങ്ങനെ ഉപദേശിക്കുന്നു പരമാർത്ഥമായിട്ട് ഇതെങ്ങനെ പരമാർത്ഥമാവും നാശത്തെ എങ്ങനെയാ പരമാർത്ഥം എന്ന് പറയുന്നു അവിടെ എല്ലാം പോയി ആരെങ്കിലും അറിയുന്നുണ്ടോ ഞാൻ എന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ അന്യനെന്ന് ഇത് രണ്ടും അറിയുന്നു ജാഗ്രസ്വപ്നങ്ങൾ വിശേഷിച്ചിട്ട് നിഷേധിച്ചിട്ട് ആ സ്വപ്നത്തിന് ദഷ്ടാവെന്നെങ്ങനെ പറയാൻ പറ്റും ദഷ്ടാവണോ ആവണമെങ്കിൽ കാണുന്നവൻ വേണം കാഴ്ചയും ശരി ജാഗ്രസ്വപ്നങ്ങൾ ദൃഷ്ടാവുന്ന അംഗീകരിക്കും സുഷുപ്തി എങ്ങനെ അംഗീകരിക്കും അവിടെ അതില്ലോ ഒന്നാണ് വരുന്നു പ്രാപ്തോ സത്യം പ്രതിഷേധവും വ്യത്യാസയും ഇത്യാദി തഥാ ചേതന ചെയ അവിദ്യ നിമിത്തയോഹോ സശരീരത്തെ സതി പ്രിയ പ്രിയോരഭിർ ുക്തസ്യ ശരീര വിദ്യയാം സത്യം സ ശരീരത്തെ പ്രാപ്തയുഹോ പ്രതിഷേധയുക്തോ അശരീരം അവസം തന്നിയ പ്രിയസ്പൃശതും അവിടെ നിഷേധിച്ച ശരിയാണ് അല്ല വിലയിച്ചു അവിടെ മറ്റൊന്നുമില്ല എന്തുകൊണ്ട് നിഷേധിച്ചു പ്രാപ്തോ സത്യം പ്രതിഷേധം യുക്തം ഒരു കാര്യത്തെ അവിടെ പ്രാപ്തമാവണം ദാവിൽ ദൃശ്യങ്ങൾ പ്രാപ്തമാകും അതിന്റെ പ്രാപ്തി വരുന്നുണ്ട് ഇവിടെ ജാഗ്രത വരുന്നുണ്ട് സ്വപ്നത്തിനും അത് പ്രാപ്തമാകുന്നു കാരണം ദൃശ്യങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് അവിടെ പ്രാപ്തമാകാവുന്നിരിക്കുകയാണ് അവിടെ നിഷേധിക്കുന്ന സുഷുതി ജാഗ്രത്തിനും സ്വപ്നത്തിനും പ്രാപ്തമാകുന്നതിനും നിഷേധിക്കുന്നു ഇവിടെ കേവലമായ സമ്പ്രസാദൻ മാത്രമേ ഉള്ളൂ എന്നാൽ ജാഗ്രതത്തിൽ വേറെ ദൃഷ്ടാവ് സ്വപ്നത്തിൽ വേറെ ദൃഷ്ടാവ് സൃഷ്ടിയിൽ വേറെ ദൃഷ്ടാവ്ന്നുള്ള ജാഗ്രത ദൃഷ്ടാവും ദൃശ്യവുമായിരിക്കുന്നു സ്വപ്നത്തിൽ ദൃഷ്ടാവും ദൃശ്യവുമായിരിക്കുന്നു അവിടെ തന്നെ എന്ത് ചെയ്യുന്നു ആ ദ്വൈതത്വം നിഷേധിക്കുകയും അവൻ കേവലം സ്വയം പ്രകാശനായിരിക്കുന്നു തഥാ ചേതനം ചെയ്യുക അവിദ്യ സശരീരത്തിൽ ശരി അതുകൊണ്ടെന്താണോ കേവലനായ പുരുഷൻ അവൻ തന്നെ സശരീരത്തോടുകൂടിയിരിക്കുന്നു വിജാഗരത്തിനും സ്വപ്നങ്ങളിലും പ്രിയാപ്രിയോ അപകത്തിനും നാസ്തി അവനെ സംബന്ധിച്ചു പ്രിയപ്രിയങ്ങളിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യമില്ല വിവാ തസൈവശരീരത്തി പക്ഷേ അവൻ അശരീരനായാൽ അവനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല അതിന് ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞത് സുഷുതി അങ്ങനെ ഒരവസ്ഥയുണ്ടാകുമോ എന്നാ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ സുഷ്ടോ അവിടെ സ്വയം ജ്യോതിഷായ പുരുഷൻ മാത്രം ശരി സുഷൃക്തിയിൽ അങ്ങനെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം അവിടെ സുദുഃഖങ്ങളില്ല അതുകൊണ്ടിപ്പോൾ എനിക്കെന്താ പ്രയോജനം എനിക്കിതിന് സമാധാനം കിട്ടേണ്ടത് ഇപ്പോഴാണ് സുശൃത്തിയിൽ എന്തായാലും അതില്ല എന്നുള്ള കാര്യം മനസ്സിലായി ജാഗ്രത്തിൽ തസൈവ ശരീര സ്വത വിദ്യായം സത്യം ശരീരത്തെ പ്രാപ്തയോ പ്രതിഷേധമോ ഇപ്പം പക്ഷെ ജാഗ്രതയിൽ വിദ്യ ഉണ്ടാകുമ്പോൾ ആ ശരീരത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ താൻ അശരീരമാണ് എന്തുകൊണ്ട് സുഹൃത്തില്ലാതില്ല ശരീരത്തോടു കൂടി തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല ആ ശരീരം അനായും തനിക്കിരിക്കാൻ വരും ജാഗ്രത സ്വപ്നങ്ങൾ ശരീരത്തോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിലും വിദ്യായാസത്യം ജാഗ്രതന്നെ അശരീരനാകാം വിദ്യ ഉണ്ട് അറിവുണ്ട് അശരീരനായ തന്റെ സ്വരൂപത്തെ അറിവുണ്ട് സശരീരത്തെ പ്രാപ്തയോഹോ പ്രതിഷേധവും അതുകൊണ്ടെന്ന് നിഷേധിക്കൂ അശരീരം മാവ സന്തന്നിയ പ്രിയ സ്പർശത ഇതിനിതൊക്കെ സംഭവിക്കാം സംഭവിക്കാവുന്ന കാര്യത്തെ നിഷേധിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞ് പ്രാപ്തമായതിനെ നിഷേധിക്കാൻ പറ്റും ജഗത് മിഥ്യ അങ്ങനെ ജഗത്തില്ലാത്തതെന്നല്ല അർത്ഥം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാപ്തമാണ് ജഗത്ത് ശരീരം പ്രാപ്തമാണ് തന്നെ പ്രാപ്തമായതിന് എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റത്തില്ല എന്നാൽ പ്രാപ്തല്ലാത്തതിനെ നിഷേധിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ലല്ലോ പ്രാപ്തമായതിനെ നിഷേധിക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ താല്പര്യം എന്താണ് അതുകൂടെ പറയുന്ന ആ ശരീരത്വം ഇത് പ്രാപ്തമാവുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിലില്ല എന്ന് നിഷേധിക്കുകയാണ് ആ പരമാർത്ഥത്തില്ല എന്നെങ്ങനെ ബോധ്യപ്പെടും സമ്പ്രസാദനം നോക്കാതെ അവിടെ അത് പരമാർത്ഥമാണ് അവിടെ ആ ശരീരനാണ് അതുകൊണ്ടെന്തായാലും അപ്പം അവിടെ പ്രിയപ്രിയങ്ങൾ അവിടെ സുഖമാണല്ലോ അത് ക്രിയാപ്രിയങ്ങളുടെ ബന്ധം കൊണ്ടുണ്ടായതല്ല ക്രിയാപ്രിയങ്ങളില്ലാതെയുള്ള സുഖം അതാണ് വിദ്യ കൊടുക്കുന്ന സുഖം സുഹൃത്തിയിൽ അത് സഹജമായി സംഭവിക്കുന്നു അവിടെ വിദ്യ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് സഹജമായതുകൊണ്ടാണ് അവിടെ ജാഗ്രതയിൽ കൃതാർത്ഥത അനുഭവപ്പെടാത്തത് കൃതകൃത്യത അനുഭവപ്പെടാത്തത് ദുഃഖം നിവൃത്തി അനുഭവപ്പെടുന്നില്ല ആത്മാഹത്തപാത്മാ എന്ന് പറയുന്ന ബോധിക്കുമ്പോൾ അത് ബോധിക്കാൻ സുഷു പോകേണ്ട കാര്യങ്ങൾ അത് ബോധിക്കുമ്പോൾ സുഷുതി എന്ന് പറയുന്നത് കേവലം ഒരു ദൃഷ്ടാന്തം മാത്രം അതിലൂടെ ജാഗ്രതയിൽ ബോധിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു നിഷേധിക്കുന്നു പ്രാപ്തമായ നിഷേധിക്കുന്നു ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇവിടെ തന്നെ നിഷേധിക്കുന്നു അനുഭവിച്ചില്ലെന്നല്ല അനുഭവിക്കുകയാണ് നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചില്ല എന്നുള്ള അർത്ഥം വരും ഞാനേ കണ്ടോ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെന്നാണ് ഇവിടെ അങ്ങനെയല്ല അനുഭവമുണ്ട് പക്ഷേ അത് പരമാർത്ഥമുണ്ടോ യുക്ത പ്രാപ്തയുഹോ പ്രദിതോ യുക്തഹ ശരീരം വാ വസന്തം ന പ്രിയ പ്രീസ്മരിച്ചത് അതാണ് ജാഗ്രതയിൽ ബോധിപ്പിക്കുന്നത് ഇതുണ്ടെങ്കിലും ശരീരമുണ്ടെങ്കിലും അതാണ് പ്രാപ്തമെന്ന് പറയുന്നത് നിഷേധിക്കുന്നു ശരീരം മാത്രമാണ് സുഖ ദുഖാദികളെല്ലാം ഉണ്ടെങ്കിലും അപ്രാപ്തിയായി അതിനെ നിഷേധിക്കുന്നു അസ്പൃശ്യത നിന്നെ അത് സ്പർശിക്കുന്നില്ല നിന്ന് പരമാർത്ഥത്തിൽ അതില്ല ഈ ബോധം ഇത് കേവലം പ്രതീതിയാണോ പരമാർത്ഥമല്ല ഇവിടെ അപ്പൊ ഇതാരും ഇതനുഭവിക്കുന്നവന് ദൃഷ്ടാവ് അവൻ തന്നെയാണ് സ്വപ്നത്തിനും സൃഷ്ടിയിലും എല്ലാം ദൃഷ്ടാവായിരുന്നത് സ്വയം പ്രകാശിക്കുന്നവനായിരിക്കുന്നത് അവനേകനാണ് ഏകശാത്മാ സ്വപ്ന ബുദ്ധാന്തയോ മഹാമത്സ്യവത് അസംഗ സഞ്ചരി മഹാമത്സ്യ ദൃഷ്ടാന്തം പറഞ്ഞുണ്യത്തിന് എനിക്ക് പറയും ഒരു മത്സ്യം അത് ഒരു നദിയിലെ രണ്ട് കരകളിലേക്ക് സഞ്ചരിക്കുന്നു അതുപോലെ ഒരു മത്സ്യം അങ്ങനെ സമ്പ്രസാദൻ രണ്ട് കരകളിലേക്ക് സഞ്ചരിക്കുന്നു ഒന്ന് സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും അങ്ങനെ സഞ്ചരിക്കുന്നു ഒരുവനാണ് സഞ്ചരിക്കുന്നത് സ്വപ്ന ബുദ്ധാന്തയോ മഹാമത്സ്യവത് അസംഗഹസഞ്ചരതി അസംഗനായി സ്വയം പ്രകാശിക്കുന്ന ദുഷ്ടാവായി ഈ അവസ്ഥകളിലേക്ക് മാറി മാറിപ്പോകുന്നത് ഒരുവൻ തന്നെയാണ് അവന് മാറ്റമേയില്ല അവന് മാറ്റമില്ലെങ്കിൽ അവനെ പിന്നെ നാലാമത്തവനെന്നെങ്ങനെ വിളിക്കാൻ പറ്റും അവൻ ഒന്നാമത്തവനാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഹൃത്തിയിലും എല്ലാം അവനൊന്നാമത്തവനാണ് പ്രത്യേകത ഒന്നുമില്ല ജാഗ്രത്തിൽ എന്തെങ്കിലും വിശേഷത സ്വപ്നത്തിന് വിശേഷത സുഹൃത്തിയിൽ അങ്ങനെയൊന്നുമില്ല വിശേഷത വരുന്നതും ദൃശ്യത്തിന്റെ തലത്തിലാണ് വിശേഷത വരുന്നത് ജാഗ്രത്തിൽ ഈ വ്യവഹാരികമായ മനസ്സ് ദൃശ്യങ്ങൾ സ്വപ്നത്തിൽ വാസനാമയമായ മനസ്സും ദൃശ്യങ്ങളും സുഹൃത്തിയിൽ അവൻ കേവലനായിരിക്കുന്നു ദൃശ്യങ്ങളുടെ അഭാവം അവിടെ അതാണ് അവിടെ പ്രശ്നത്തെ സൃഷ്ടിക്കുന്നത് ദൃശ്യാഭാവം വരുന്നു ഇവിടെ ദൃശ്യങ്ങൾ വരുന്നു ജാഗ്രത സ്വപ്നത്തിൽ അവിടെ ദൃശ്യങ്ങളുടെ ഇല്ലായ്മ വരുന്നു അതുമാത്രമേ ഉള്ളൂ സുഹൃത്തി ഇത് മൂന്നിടത്ത് എന്താണോ ഒന്ന് തന്നെ ശൃത്യന്തിന്റെ സിദ്ധം മാമസ്യ ദൃഷ്ടാന്തവും പ്രധാനത്തെ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടെ മൂന്ന് പേരില്ല അല്ലെങ്കിൽ നാലാമതൊരാളില്ല ഒരാൾ തന്നെയാണ് അച്ചൂക്ത സമ്പ്രസാദ ശരീര സമുദ്ധായ്മിൻ സ്ത്രീയാദിപി സുരമമാണോ ഭൂതി സ്വാന്യഹ അധികരണം നിർദ്ദിഷ്ട ഉത്തമ പുരുഷ ഗീതേലും പറയുന്നുള്ളഷന്യ പരമാത്മീദാഹൃത എന്നെ നാം പറയുന്നു അസംപ്രസാദനായിരിക്കുന്നവൻ ആ പൂർണനായിരിക്കുന്നവൻ അവൻ തന്നെ എൻ്റെ ശരീരം വിട്ട് വേറെ ലോകങ്ങളിൽ പോയി ഉപാസനെ കുറിച്ച് പറയുമ്പോൾ ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയണം നിങ്ങളിതെല്ലാം വേണ്ടിട്ട് വേറെ അടുത്ത് പോയി സ്ത്രീയാതിരമമാണോ സ്ത്രീയാദികളുമായി വിഷയങ്ങളുമായി വിരമിക്കുന്നു അന്യഹ അവനല്ലല്ലോ ഇവിടെയുള്ളത് ഈ ശരീരം വിട്ടുപോകുകയല്ല ഇവിടെയുള്ളവർ ഇപ്പൊ ഈ ശരീരത്തിൽ ഇരിക്കുകയല്ലേ ജാഗ്രത ഒരാളിത് വിട്ടുപോകുന്നില്ലേ അധികം നിർധിഷ്ഠ ഉത്തമ പക്ഷേ തഥപ്പ്യസ അത് ശരിയല്ല എന്താണ് ചതുർത്ഥ വിപര്യായേവൻ തീവ തീ പറയുന്നു നാലാമത് സമ്പ്രസാദനെക്കുറിച്ച് പറഞ്ഞപ്പോഴും പ്രജാപതി പറയുന്നത് എന്താണിതാ ഞാനിത് തന്നെയാണ് പറയുന്നത് എന്നോട് ആദ്യം പറഞ്ഞത് തന്നെയാണ് പറയുന്നത് ഇവിടെ ഒരു മാറ്റമില്ല ആ ദുഷ്ടാമനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് തത് അന്യോ അഭിപ്രായം ഏതും ദൈവത്തെ ഇരി അവിടെ പ്രജാപതി പറയണീ സമ്പ്രസാദൻ വേറെയാണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒന്നിനെ പറയുകയാണ് ഇനിയൊരു തുരിയനെ കാണിച്ചു തരുകയാണ് നിനക്ക് ജാഗ്രത സ്വപ്ന ചുഴുതികളില്ലാത്ത ഒരു തിരിയൻ എന്ന് പറയണെങ്കിൽ അതാ നേരിട്ട് പറഞ്ഞല്ല ഞാൻ ഇതുവരെ പറഞ്ഞല്ല അന്നിന്റെ ബുദ്ധി ഉറയ്ക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇപ്പൊ നിനക്ക് ബുദ്ധി കോളേജിന് ഞാൻ വാസവും പറഞ്ഞുതരാം ഇതിനെല്ലാം അപ്പുറം ഒരു തിരിയൻ ഉണ്ട് അങ്ങനെ പറയുന്നില്ല പൂർവേദം ഇതി നബ്രു മൃഷ പ്രജാപതി ആദ്യം പറഞ്ഞത് കള്ളമാവും രണ്ടാമെന്ന് പറഞ്ഞത് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അന്യ തേജോപന്നാദീനാ സൃഷ്ടു സതഹസ്വികാര പ്രവേശം ഉപദേശവും അത് മാത്രമല്ല പ്രജാപതി പറയുന്ന അല്ലല്ലോ മുമ്പ് ഇവിടെ ഉപദേശം തുടങ്ങിയല്ലേ ശ്രുതിവൻ ഉപദേശിക്കുന്നില്ല അവിടെ തുടങ്ങിയതാണ് സദേവ സ്വമീതമഗ്രാസി അവിടെ പറയുന്നു ഏകമായ സത്ത് ഇതിനെയെല്ലാം സൃഷ്ടിച്ചു അസംപ്രസാദൻ അവനേകനായിരുന്നു ഏകനായിരുന്നു കൊണ്ട് സൃഷ്ടിച്ചു ജാഗ്രത സ്വപ്നങ്ങളെ സൃഷ്ടിച്ചു താൻ സൃഷ്ടിച്ചെന്തോ സൂവികാര ദേഹശൃങ്കേ പ്രവേശം താൻ സൃഷ്ടിച്ചതിൽ അവൻ അനുപ്രവേശം പ്രവേശിച്ചു താൻ പ്രവേശിച്ചു അസംപ്രസാദൻ തന്നെയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത് എന്താ സമ്പ്രസാദന ഇതിനകത്ത് കടന്നിരിക്കുകയാണ് ഇങ്ങോട്ട് പ്രവേശിച്ചിരിക്കാൻ താൻ സൃഷ്ടിച്ച് താൻ പ്രവേശിച്ചു എന്താ സംഭവിച്ചത് ദർശിത്തുവാ പ്രവിഷ്ട എന്നിട്ട് പുനത്തത്വമസീത്ത് ഉപദേശിച്ചു അപ്പം ഏതൊരുവനാണോ ഇതിനെ സൃഷ്ടിച്ചത് ഏതൊരുവനാണോ ഇതിൽ പ്രവേശിച്ചത് അവനെ തന്നെ ഉപദേശിക്കുന്നു ആത്യന്തികമായിട്ട് അവൻ തന്നെ ഉപദേശിക്കുന്നു അവനെ ഉപദേശിക്കുന്നു കാരണം സത്തല്ലേ ഉള്ളൂ സത്തല്ലേ സമ്പ്രസാദനായിരുന്നു ഇതെല്ലാം അവൻ തന്നെയായിരുന്നു അവൻ തന്നെ ഈ ശരീരത്തെ സൃഷ്ടിക്കുന്നു അവൻ തന്നെ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നിട്ട് അവൻ തന്നെ അവനെ ബോധിപ്പിക്കുന്നു എല്ലാം സത്തിൻ്റെ കളിയാണ് സത്തല്ലാതെ വക്താവും ശ്രോതാവും അങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല ഇതെല്ലാ എന്തിനും അസംപ്രസാദനായിരുന്നെങ്കിൽ ഒന്നുമില്ല അസംപ്രസാദാവസ്ഥയ്ക്ക് ഭംഗം വന്നു അതുകൊണ്ട് ചോദ്യ ഉത്തരങ്ങളും എല്ലാം വരുന്നു എന്തിനൊന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എന്തിനായാലും സംഭവിച്ചല്ലോ ഇനി ചോദിച്ചിട്ടെന്താ കാര്യം ചോദ്യം യുക്തിസഹമല്ല അതുകൊണ്ടാണ് പറയുന്നത് മായ യുക്തിസഹമല്ലാത്തതിന്റെ പേരാണ് മായ അന്യ തേജോപന്നാദി നാം സൃഷ്ടുഹു സതഹ സത്തൽ നിന്ന് സ്വവികാരഹ ആ സത്തിന്റെ വികാരമായ ദേഹസുങ്കേ ദേഹകാര്യം അതിൽ പ്രവേശനം ദൃഷ്ടിക്കുക തേജോപന്നങ്ങളെ ഏതൊരുവനാണോ സൃഷ്ടിച്ചത് അതിൽ അവന്റെ തന്നെ പ്രവേശം ഇത് വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ആദ്യം ഒരു സത്ത് ഉണ്ടായിരുന്നു ആ സത്ത് ആകാശ അതിക്രമത്തിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു അതിൽ പിന്നെ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ഇച്ഛമുണ്ട് ഒരു ശരീരം ഉണ്ടായി ആ ശരീരത്തിലേക്ക് അത് തന്നെ പ്രവേശിച്ചു അത് വേറൊരു രീതിയാണ് ചിന്താ രീതിയാണ് അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സംസാരത്തിലായി അവിടെ ഒരാൾ ഉപദേശിക്കുന്നു ഒരു പുരുഷൻ ഉപദേശിക്കുന്നു അവന് സംസാരത്തെന്ന് മോചിപ്പിക്കുന്നു അങ്ങനെ അങ്ങനെയും ചിന്തിക്കാം മറിച്ച് ചിന്തിക്കാം എങ്ങനെ ഏകനായ സത്ത് സംപ്രസാദന കാരണം ഇവിടെ പറയുന്ന സംപ്രസാദനെ കുറിച്ചാണ് സത്തെന്ന് ആ സംപ്രസാദനായവൻ ഇരിക്കുന്ന ഇവിടെ അവിടെ നിന്ന് അവൻ ജാഗ്രതത്തിലേക്ക് വരുന്നു അത് തന്നെ ജാഗ്ര സൃഷ്ടി ആ ജാഗ്ര സൃഷ്ടിയിൽ അവൻ ഒരു ശരീരത്തെ സൃഷ്ടിക്കുന്നു അവൻ അതിനോട് താതന്യപ്പെടുന്നു മറ്റൊരു ശരീരത്തിൽ അവൻ അതിനോട് താതന്യപ്പെടാതിരിക്കുന്നു ദ്വാസപരണു സവിജ് സായ ഒന്ന് കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു കർമ്മഫലത്തെ അനുഭവിക്കാതിരിക്കുന്നു ഒരു സത്ത് തന്നെയാണ് ഒരു സത്യത്തിന്റെ ജാഗ്രതയിൽ വന്നിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതിൽ ആ കർമ്മഫലത്തെ അനുഭവിക്കാതിരിക്കുന്നവൻ കർമ്മഫലത്തെ അനുഭവിക്കുന്ന സത്വനോട് പറയുന്നു ഇതൊന്നും അനുഭവിക്കണ്ട നീ സൗന്ദര്യനാണോ നീ കേവലം ദഷ്ടാവണോ നിനക്ക് ഈ ഒരു സത്യത്തിൽ തന്നെ സംഭവിക്കുന്നുവൻ വിചരോ വിമൃതറോ എന്നിങ്ങനെ ഉപദേശിക്കുന്നു ആരാണോ പ്രവേശിച്ച് അവൻ തന്നെ ഉപദേശിക്കുന്നുഷാ പ്രസിദ്ധ ഇതൊക്കെ വ്യർത്ഥമായി തീരും നിങ്ങളിവിടെ പല പുരുഷന്മാരെ സ്വീകരിച്ചു ഇതുകൊണ്ടൊന്നും കഥയില്ലാതെ നിങ്ങൾ ഇനി വേറൊരു തുരിയെ അന്വേഷിച്ചതൊക്കെയാണ് ഇല്ലാത്ത തുരിയാണ് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഉപദേശങ്ങളെല്ലാം വ്യർത്ഥമാവും നിങ്ങളെ സംബന്ധിച്ചു കേൾക്കുന്നവന് സമ്മതിക്കുന്നത് ഇത് തത്ത് മസീന്ന് കേൾക്കുന്നവന് ഇതിനെ ഇങ്ങനെയാ ധരിക്കേണ്ടെന്നാണ് ഏകമായ സത്ത് തന്നെയാണ് ആ സത്തിന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം ജാഗ്രസ്വപ്നങ്ങളെല്ലാം ഇതെല്ലാം ജാഗ്രസ്വപ്നം സംസാരം ഇത് ജാഗ്രസ്വത്വം അവിടെ ആ സത്ത് തന്നെയാണ് തത്ത് മസീന്ന് ബോധിപ്പിക്കുന്നത് അത് തന്നെയാണ് സ്വയംബോധിപ്പിക്കുകയാണ് അതിൻ്റെ കറി ഇന്ന് സ്വയം പ്രകാശിക്കുന്നു പലപ്പോഴും പറയും എന്താണോ ഇത് സ്വയം പ്രകാശിക്കേണ്ടതാണ് ഈ വിളിച്ച സ്വയം വരേണ്ടതാണ് തന്നെ വരേണ്ടതാണ് എന്തുകൊണ്ട് ഇവിടെ സത്ത് ഒന്നേ ഉള്ളൂ സത്ത് തന്നെ സത്തിനെ ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ എന്നെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിലത് പ്രകാശിക്കുന്നു ഇവിടെ പരാപേക്ഷയില്ല ഞാൻ മറ്റൊരാളെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മുഖാന്തരം അവൻ ബോധിക്കുന്നു ഇതങ്ങനെയല്ലേ ഒരു സത്താണ് ജാഗ്രതയിൽ വന്ന് ഇതിനോടെല്ലാം താതൃപ്പെട്ടിരിക്കും ആ സത്ത് തന്നെ തന്നെ ബോധിപ്പിക്കുക തന്നെ തന്നെ ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുക തന്നെ വെളിപ്പെടുക അതാണ് ഇവിടെ ഏകനായ സത്തിനെ സ്വീകരിച്ചാറുള്ള അവനാണ് സുര്യൻ എന്ന് പറഞ്ഞാലുള്ള ഗുണം അതാണ് അല്ലെങ്കിൽ ഇവിടെ ബോധിപ്പിക്കാനൊരാൾ കാണും ബോധിക്കാനൊരാൾ കാണും വരും അദ്വൈതത്തിന് അതില്ല തസ്മ സ്ത്രീയാൽ രണ്ടാ ഭവിഷ്യസി യുക്തോപദേശോ അഭവിഷ്യത് യുദ്ധി സമ്പ്രസാദ പുരുഷോ ഭവേ തഥാ ഭൂമി അഹമേവ്യ ആത്മേവേദ സർവമിതി ന ഉപസംഹരിഷ്യതി ഭൂമ ജീവാധാന്യോ അഭവിഷ്യത് സാറിന പറയും ജീവാത്മ പരമാത്മേകത്വം ഇത് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ജീവാത്മാവ് ഒരു പരമാത്മാവ് എന്നിട്ട് ഇതിന് നമ്മൾ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് ജീവാത്മാവും പരമാത്മാവും ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് തെറ്റായ ധാരണ ഒരു ജീവാത്മാവ് ഒരു പരമാത്മാവ് രണ്ട് ആ ദ്വൈതത്തെ പിന്നെ ഒന്നാക്കാൻ ശ്രമിക്കുന്നു അവിടെ യുക്തിവിരോധം വരും അതങ്ങനെ ശരിയാവും അദ്വൈത് പറയുന്നത് എന്താ അസംബന്ധമാണ് ഒരു ജീവാത്മാവ് അല്പജ്ഞനായിരിക്കുന്ന സംസാരിയായിരിക്കുന്ന സുഖദുഃഖിയായിരിക്കുന്ന ജീവാത്മാവ് അതെങ്ങനെ പരമാത്മാവാും ശങ്കരാചാര്യർക്ക് ശേഷം ഒന്ന് ആചാര്യന്മാരെല്ലാം ഈ കാര്യത്തിലാണ് ശങ്കരാചാര്യൻ നിശ്ചിതമായി വിമർശിച്ചത് ഒരു തരത്തിലും അവർക്കത് യോഗിക്കാൻ പറ്റത്തില്ല അത്വജ്ഞനായിരിക്കുന്ന താനെങ്ങനെ പരമാത്മാവാ ശങ്കരാചാര്യെന്താ പറയുന്നത് അത്പജ്ഞനായ നീ സർവജ്ഞനെന്നല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല അത്പജ്ഞനായ നീ അത്പജ്ഞൻ തന്നെ സർവജ്ഞനായ ഈശ്വര സർവജ്ഞനം തന്നെ മറിച്ച് എന്താ പറയുന്നത് ഏകമായ സത്ത് തന്നെ ഏതൊരുവനാണോ സ്വസങ്കല്പം കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ആ സത്ത് തന്നെയാണ് ഇതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നത് പുരുഷനായും ഇരിക്കുന്നത് അല്ലാതെ വേറൊരാൾക്ക് എങ്ങനെ ഇത് അനുപ്രവേശം ചെയ്യാൻ പറ്റും പാത്രങ്ങളിലെല്ലാം കയറിയിരിക്കാൻ മണ്ണിനല്ലേ സാധ്യമാ വേറെതിനു പറ്റും പാത്രങ്ങളേ തരത്തിലുള്ളതായനുസരിച്ച് അതിൽ കയറിയിരിക്കാൻ മണ്ണിനെ കഴിയത്തുള്ളു എന്തുകൊണ്ടതിനൊന്നും മാറാൻ കഴിയുന്നില്ല പാത്രങ്ങളൊന്നും വിട്ടിരിക്കാൻ കഴിയുന്നില്ല അതുപോലെ ഏകമായ സത്ത് അത് സൃഷ്ടിക്കുന്നു അതുതന്നെ പലതായിരിക്കുന്നു അവന് തന്നെയാണ് ഉത്തമനും അധമ്മനുമായിരിക്കുന്നത് അവനെ തന്നെയാണ് ഭൂമ എന്ന് പറയുന്നത് ഈ സമ്പ്രസാദനിൽ നിന്നും ഭൂമാവിൽ നിന്നും അന്യനായ ഒരു പുരുഷൻ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ ഇതെല്ലാം വേറെ വേറെയാണ് ഇനി നാലാമത് അതുകൊണ്ടാണ് ഭൂമിനി അഹമേവ എത്തി ആദേശ ആ ഭൂമാവിനെ അഹമേവ ആത്മീയവേദം സർവം എന്നിട്ട് അവസാനം പറയുന്നു ഞാൻ തന്നെയാണത് സർവവും ഭൂമാവിനെ കുറിച്ച് പറയുക അഹം എന്നാണ് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് ആത്മീയവേദം സർവം അതിനെ കുറിച്ച് പറയുകയാണ് ആത്മരൂപത്തിൽ താൻ സർവവുമായിരിക്കുന്നു അഹമാത്മാ സർവഭൂതാശേഷ ഞാൻ സർവഭൂതാശേഷിതനായിരിക്കുന്നു അതിനെന്താ തെറ്റ് ഞാൻ തന്നെയാണ് നീന്ന് പറഞ്ഞ അംഗീകരിക്കാൻ പറ്റത്തു അർജുനം പറയും എന്താണ് ഞാൻ അജ്ഞനും ദുഃഖിയുമാണ് സന്തുഷ്ടനായിരിക്കും നമ്മളങ്ങനെ ഒന്നാവും പക്ഷെ സർവഭൂതാശേഷിതനായിരിക്കുന്ന ഞാനാണ് ആത്മീയവേദം സർവം ദൈവ സർവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിവിടെ നീ അന്യം ഒരു ദൃഷ്ടാവ് ഇനിയിവിടെ അന്യനൊരു തുര്യൻ നാലാമത്തവൻ ഉപസംഹരിച്ചു അങ്ങനെയൊന്നും പറയുമായിരുന്നില്ലേ ഈ ഭൂമ ജീവതഅന്യ ഭവിഷ്യത് ഈ ഭൂമാവ് ജീവനും നിന്നും അന്യനായിരുന്നു ഇപ്പം ജീവൻ തന്നെയാണത് എന്ന് പറഞ്ഞാൽ ഏതെന്നിനെയാണോ ഇപ്പൊ നീ ജീവഭാവത്തിൽ ഗ്രഹിക്കുന്നത് അഹമഹം എന്നിങ്ങനെ ശരീരാദികളോട് താതൃമായി ഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അത് നശിച്ചിട്ടുണ്ടാവുന്നതല്ല അന്ന് വേറിട്ട ഒന്നല്ല അതിലില്ലാത്ത എന്തെങ്കിലും ഗുണങ്ങളുള്ള ഒന്നല്ല അത് തന്നെയാണ് നാന്യത്ത കുറച്ച് ദൃഷ്ട ഇതല്ലാതെ ഒരു ദാവില്ല ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സുയിലോ എവിടെന്നാണ് പറയുകയോ സമാധിയിലോ എവിടെ ആയാലും ശരി ഇതിന് നണ്യമായൊരു ദഷ്ടാവില്ല ഇവൻ തന്നെയാണ് ഇത്യാദി സ്ഥിത്യാന്തരാജ് സർവശ്രുതിഷുജ പരസ്മിൻ ആത്മശബ്ദ പ്രയോഗവും ന ഭവിഷ്യം പ്രത്യേകാത്മാജ സർവജന്തുന പര ആത്മാ ഭവ പ്രത്യേകാത്മാവ് തന്നെയാണ് പരമാത്മാവ് അതത്വം ഞാനീ സംബന്ധിച്ചല്ല സർവജന്തുവിന സർവജീവികൾക്കും അതുകൊണ്ടാണ് പരനെയും ആത്മാ എന്ന് പറയുന്നത് ഈശ്വരനെയും ആത്മാവെന്ന് പറയുന്നില്ലേ പര ആത്മാ പരസ്മിൻ ആത്മശ്ദപ്പറയും അതുകൊണ്ട് എന്തുകൊണ്ട് അപ്പരം തന്നെ ഇവിടെ സർവത്മാവായും ഇരിക്കുന്നത് തസ്മാകാത്മാ പ്രകരണീ സിദ്ധ അതുകൊണ്ട് ജാഗ്ര സ്വപ്ന സുഷക്തികളിൽ ഒരേ ഒരാത്മാവ് തന്നെയാണ് അത് തന്നെയാണ് പരമാത്മാവ് എന്നുള്ളത് ഇവിടെ സിദ്ധമാകുന്നു അതിനെ തന്നെ അവസാനം നാലാമത് സസംപ്രസാദ എന്നിങ്ങനെ ഉദ്ദേശിച്ചത് എന്നൊക്കെ ആത്മനെ സംസാരിത്തും എന്നാലും പരമാത്മാവെന്ന് എങ്ങനെ പറയാൻ കഴിയും അസ്വീകരിക്കാൻ കഴിയും ഞാൻ സുഖിയും ദുഃഖിയുമാണല്ലോ എന്ന പരമാത്മാവെന്ന് എങ്ങനെ പറയും ഇതാണ് ഒരിക്കലും ദൈത ബുദ്ധിയുള്ളതിന് പിടികിട്ടാത്ത ഒരു കാര്യം ഞാൻ സുഖീ ദുഖിയായിരിക്കുന്നവൻ ഞാൻ എങ്ങനെയാണ് ശരി പരമാത്മാവിനും പരമാത്മാവെന്ന് പറയുന്നു പരശബ്ദങ്ങളോട് പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് താനെങ്ങനെയാണ് എൻ്റെ അനുഭവതല്ലോ പരമാത്മാവ് നീ പരമാത്മാവാണ് എന്ന് നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പിന്നെ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ പരമാത്മാവാണെന്ന് അറിയുന്നില്ല അതറിയാൻ വേണ്ടിയിട്ടാ പറയുന്നത് അത് വാസ്തവമാണെന്നുള്ള കാര്യമാ പറയുന്നത് അതെങ്ങനെ വാസ്തവമാകും ഞാൻ സത്യമായ സ്വതുഖങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെ പരമാത്മാവാസ്യ സംസാരം ഉണ്ടല്ലെന്ന് പറയുന്നില്ല കാണുന്ന ജഗത്തില്ലെന്ന് പറയുന്നില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞാലേ ഉള്ളൂ ഇത് ണ് ആരോപിതമാണ് നിന്ന് നിലനിൽക്കുന്നതാണ് ഇതിനെ നീ അന്യമായി കണ്ട് ഇതിനെ സത്യമായി കരുണ്ട സത്യമായിരിക്കെ ഇതിനന്യമായി കണ്ടിട്ട് ഇത് സത്യമാണ് രണ്ട് സത്യം അങ്ങനെ വരണ്ട ആരോപിതമാണോ സത്തിൽ നിലനിൽക്കുന്നതാണ് സത്തിൽ പ്രതീതമാകുന്നതാണ് സത്തിൽ നിന്നും വേറിട്ടില്ല വേറിട്ടുണ്ടെങ്കിൽ അത് പറയുക വിദ്യ എന്ന് പറയാം സത്ത് തന്നെയാണ് സർവാർമഭാവം എന്നിവിടെ പറയുന്നു അതുകൊണ്ട് ഇത് അവിദ്യയാൽ കൽപ്പിതമായതുകൊണ്ട് ഇത് ഈ സത്തിൽ നിന്നും അന്യമല്ലാത്തതുകൊണ്ട് കല്പിതമായാൽ അന്യമല്ല രജുവിൽ കൽപ്പിതമായ സർപ്പ രജുവിൽ നിന്നയല്ല ദൃഷ്ടാന്തം തന്നെ പറയും രജു തന്നെയാണ് അതുപോലെ പര ആത്മ അതിൽ കല്പിതമായിരിക്കുന്ന എല്ലാം പരാത്മാന്നെ അതുകൊണ്ട് ഞാൻ സംസാരിയാണെന്നും സംസാരിയാണെന്ന് എന്തിന് പറയണം സംസാരിത്വം കല്പിതമാണെങ്കിൽ സംസാരിയാണെന്ന് പിന്നെ എന്തിനാണ് വീണ്ടും പറയേണ്ടത് രജ്ജുവിനെന്തിനാണ് സർപ്പം ഒന്ന് വിളിക്കുന്നത് അത് പിന്നെ സർപ്പമൊന്നു വിളിക്കേണ്ട അത് രജു ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട് സംസാരിത്വം എന്ന് പറയുന്നത് ആ സത്ത് തന്നെയാണ് അത് നന്യമായിട്ട് വേറെ ഇവിടെ സംസാരിക്കുന്നുകാദിഷു സത്പരജിത മലാദീനി മിഥ്യ അധ്യസ്ഥാനി തേം സംസാരം എൻ്റെതാണോ എന്ന് പറയരുതെന്നാ പറയുന്നു എന്തുകൊണ്ട് രജ്ജുവില് സർപ്പം ശുക്തിക രജതം ഗഗനത്തിൽ മലം ഇതെല്ലാം മിഥ്യാജ്ഞാന അധ്യസ്ഥം അവയം കൊണ്ടത് കല്പിതമാണ് ദേശാന്തോ അതിൻ്റെതല്ല സംസാരം അനുഭവപ്പെടുന്ന അതുകൊണ്ട് അതെൻ്റെതാണെന്ന് പറയാലേ നീ സംസാരത്തിലേക്ക് താധാന്യപ്പെടുക ഇതിന്റെ അനുഭവത്തിൽ താധാന്യപ്പെടുകയാണ് സംസാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തൻ്റെതല്ല എന്തുകൊണ്ട് താൻ പര ആത്മാവാണ് പര ആത്മാവിനങ്ങൾ സംസാരം വരും ഇതാണ് ബോധം ഈ ബോധത്തിലൂടെ എന്തിനെ ബോധിപ്പിക്കുന്നു തൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു താൻ പരാത്മാവാണ് തന്നോട് താതാന്മ്യത്തിന്റെ ആവശ്യമില്ല എന്നാ തേശാം ഭവന്തി അത് എന്നാണ് ജീവന്മാരുടെ ആകത്തില്ല സംസാരം ജീവൻറ്റേതല്ല അതാണ് പറഞ്ഞു വരുന്നത് സർപ്പം രജ്ജുവിൻ്റെതല്ല എന്തുകൊണ്ട് അവിടെ വേറെ സർപ്പമില്ല സംസാരം നിന്റേതല്ല എന്തുകൊണ്ട് നിന നണ്യമായി സംസാരമില്ല പിന്നെങ്ങനെ നിന്റേതാകും നിന്റേതാകുണ്ടെങ്കിൽ രണ്ടു വേണ്ട ഏതേന സശ്യീരസ്യ പ്രിയ പ്രിയോരഭർ വ്യാഖ്യാനം ഇതുകൊണ്ട് രണ്ടും മനസ്സിലാകും എങ്ങനെ ഈ സംസാരം ഉണ്ടാകുന്നു നിശരീ സശരീരനായിരുന്ന നിസംസാരിയായിരുന്ന ആ സംസാരിയായിരിക്കും എങ്ങനെ കഴിയും ഇതിനോട് മനസ്സുകൊണ്ട് താതാന്വ്യപ്പെടുക അഹം അമ്മ അതാണ് ആ താതാത്മ്യം താതാത്മ്യത്തിൻ്റെ സ്വരൂപം അതാണ് അഹമ്മ ഞാനുണ്ട് ഇങ്ങനെ ഇതിനോട് സം ഇതിനോട് താതാന്വ്യപ്പെട്ടാൽ നിസ്സശരീരിയായി സശരീരിയായാൽ ഇവിടെ സുഖദുഃഖങ്ങൾക്ക് അവസാനമില്ല അല്ലെങ്കിൽ അശരീരിയാകുന്നത് ഇതെന്റേതല്ല തന്നതിനോട് അഹമ്മമമായി എന്നിങ്ങനെ താതാല്പ്പെടുന്നില്ല പിന്നെ നീ എന്താ പര ആത്മാ ജാഗ്രസ്വപനങ്ങളിലെല്ലാം ഏകനായിരിക്കുന്നവൻ രണ്ടു തരത്തിലും അങ്ങനെ മനസ്സിലാക്കണം ഇത് വ്യാഖ്യാതം